ചില ആഴ്ചകൾക്ക് ശേഷമാണ് എനിക്ക് ഇവിടെ ആയിരിക്കാനിടയാകുന്നത് ഏതാണ്ട് മൂന്നാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല പല മീറ്റിങ്ങുകളിലും പല സ്ഥലങ്ങളിലും ആയിരുന്നു എന്നാൽ ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ സന്തോഷമുള്ള അധികങ്ങളാൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് ഇവിടെ ചേർന്ന് വരാനായിട്ടിടയായല്ലോ ഹാൽ ലുയ്യ ഹാലലുവിയ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് ആ പ്രിയപ്പെട്ടവരെ പലരും വന്നിട്ട് പറഞ്ഞ ദൈവവചനങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും എന്നാലവിടെ ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ബ്രദറ് പറഞ്ഞ ഒരു ഒരു ഉപമ ഒരു ഉപമയാണ് പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഇവിടെയും പ്രിയപ്പെട്ടവർ വന്ന് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അതായത് ദൈവത്തിലുള്ള ഒരു ആശ്രയത്വത്തെക്കുറിച്ച് സന്തോഷ് പറഞ്ഞപ്പോൾ താനെ പറയുകയുണ്ടായി അത് താനൊരു ഉപമയായിട്ടാണ് പറഞ്ഞു അതായത് അന്ധനായ ഒരാൾ കണ്ണ് കാണാത്ത ഒരാൾ കണ്ണ് കാണാത്ത ഒരാൾ രണ്ട് കണ്ണും കാണാത്ത ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് പ്രായോഗിക കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ വഴിയിലൊക്കെ അന്ധരായ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ചും ലോട്ടറി ടിക്കറ്റൊക്കെ വിൽക്കാനായിട്ട് ഒക്കെ ആളുകൾ അന്ധരായ പ്രിയപ്പെട്ടവരൊക്കെ പോകാറുണ്ട് പലരും ഭാഗികമായ കാഴ്ചയുള്ള അവരുടെ ജീവിത പങ്കാളിയോടൊപ്പം നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ തീർത്തും കാഴ്ചയില്ലാത്ത ആളുകൾ അവരെ ബസ്സിലൊക്കെ കയറുകയും വഴി ക്രോസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ എങ്ങനെയാണ് ഇവർ രണ്ട് കണ്ണും ഉണ്ടായിട്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ നമുക്ക് പ്രയാസം അപ്പോൾ ഈ നിലയിൽ ഇവരെങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വെളുത്ത വടി ഉണ്ടാവും ഒരു വടി ആ വടിയിൽ അതിലുള്ള അത് നിലത്ത് തൊട്ട് അതിലുള്ള ആ നിലയിലുള്ള സ്പർശത മനസ്സിലാക്കി അതിനുള്ള സംവേദനക്ഷമത അവർക്കുള്ളത് കൊണ്ട് കണ്ണ് കാണാത്തത് കൊണ്ട് ദൈവം അവർക്ക് മറ്റ് പല കാര്യങ്ങളിൽ കൂടുതൽ സംവേദനക്ഷമത നൽകിയിട്ടുണ്ടാവും അതുകൊണ്ട് എങ്ങനെയായാലും ആ വടിയുടെ ശബ്ദം കൊണ്ടോ അത് തൊടുന്നത് എങ്ങനെയോ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവർ ഈ യാത്ര ഒക്കെ ചെയ്യുന്നത് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് നോക്കുക അങ്ങനെയുള്ള ഒരു അന്ധൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കിടന്നുറങ്ങുന്നു ഉറങ്ങുമ്പോൾ എന്തു ചെയ്യും അവൻ ആ കെട്ടിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ ആ വടി അവൻ അതിനോട് ഏറ്റവും അടുത്ത് വെക്കും കാരണം നേരം വെളുത്ത് ഉണർന്നുകഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ കണ്ണ് തുറക്കും പക്ഷേ അന്ധനെന്തില്ല തുറക്കാൻ കണ്ണുകളില്ല അവനുള്ളിൽ ഉണർച്ച വന്ന് കഴിയുമ്പോൾ അവന് കൈകൊണ്ട് തപ്പി നോക്കും എന്ത് തപ്പി നോക്കും അവൻ്റെ വടി വടി ആ വടി കട്ടിലിനോട് ചേർത്ത് വെച്ചേക്കുന്ന ആ വടിയെ തൊട്ട് കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് ആ അവനറിയാം എവിടെയാണ് എണ്ണീക്കേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് ഈ കാര്യങ്ങളറിയാം എന്നാൽ ഒരു ദിവസം നമ്മളിങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അവനെ തപ്പി നോക്കിയപ്പോൾ വടിയില്ല വടിയില്ല വെച്ചിടത്ത് വടി കാണുന്നില്ല എങ്കിൽ അവന് ഉണ്ടാകുന്ന ഒരു അരക്ഷിത ബോധമോർക്കുക എങ്ങനെയാ ഇവിടെ നിന്ന് എണ്ണീറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത് വാതിലെങ്ങനെ കുറുകെ കിടക്കും എങ്ങനെ മുന്നോട്ട് പോകും ബാത്റൂമിലെങ്ങനെ പോകും ഒന്നിനും അവനവനിൽ തന്നെ ശക്തിയില്ല അവനീ കാര്യങ്ങൾക്കെല്ലാം ആശ്രയിച്ചത് ഒരു നമുക്ക് സ്വാഭാവികമായിട്ട് വലിയ മതിപ്പൊന്നും തോന്നാത്ത ഒരു കൊച്ചു വടിയിലാണ് വടിയിലാണ് പക്ഷെ ആ വടി അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഉറപ്പായി ധൈര്യമായി മുന്നോട്ട് പോവുക ഈ നിലയിൽ ഒരു അന്ധൻ തൻ്റെ വടിയിൽ രാവിലെ തൊടുന്നത് പോലെ തൊടുമ്പോൾ അവന് ഒരു കോൺഫിഡൻസ് ലഭിക്കും ആ വടിയിൽ തൊട്ടില്ലെങ്കിൽ തൊടാൻ പറ്റുന്നില്ലെങ്കിൽ ആ വടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനൊരു ആത്മവിശ്വാസവും ഇല്ല അവന് കൈവിടപ്പെട്ട പോലെ ആൾക്കൂട്ടത്തിനിടയിൽ കൈവിട്ട് പോയ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ അവനായിരിക്കും ഈ നിലയിൽ ഒരു അന്ധൻ തൻ്റെ വടിയോട് ഏത് നിലയിൽ നിസ്സഹായതയോടെ ആശ്രയിക്കുന്നോ ആ നിലയിൽ നമുക്ക് ദൈവത്തിലൊരാശ്രയമുണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അത് ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് സന്തോഷ് പൂനൻ തൻ്റെ ഒരു സന്ദേശത്തിലെ പറഞ്ഞത് അത് പലരെ സംബന്ധിച്ചിടത്തോളം പലരും പിന്നീട് ആ കാര്യങ്ങൾ പറയുകയുണ്ടായി പലർക്കും അത് അനുഗ്രഹമായി തീർന്നു നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം എങ്ങനെയുണ്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് ഈ നിലയിൽ ഒരു ആശ്രയബോധമുണ്ടോ ഒവ് നമുക്ക് ആശ്രയബോധമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു നമ്മളിറങ്ങുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു ആ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവമേ എന്ന് ചിന്തിക്കുന്നു ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു അന്ധന് അന്ധന് അവൻ്റെ വടിയിലുള്ള പോലെയുള്ള നിസ്സഹായത കലർന്ന ഒരു ആശ്രയത്വം നമുക്ക് നമ്മുടെ ദൈവത്തിലുണ്ടോ ദൈവം അത് ആഗ്രഹിക്കുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഒരു സ്വയബലത്തിലില്ലാതെ സ്വയബലത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായി നമ്മളായിത്തീരണം ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ വീതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കാണുന്ന ആ ചിത്രവും അതിനോട് ചേർന്നുള്ള എഴുത്തും ശ്രദ്ധിക്കുക ഈ നിലയിൽ നമുക്കൊരു ആശ്രയത്വം നമ്മുടെ ദൈവത്തിലുണ്ടോ ദൈവത്തിലുണ്ടോ എങ്ങനെയാണ് അങ്ങനെ ഒരു ആശ്രയത്വം ലഭിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിലുള്ള വലിയ ആളുകളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് സന്തോഷമാണ് എന്നാൽ എപ്പോഴും ഏത് കൊച്ചു കാര്യത്തിനും അവരെ വിളിക്കുകയും അവരെ പോയി കാണുകയും ചെയ്താൽ അവരെന്ത് പറയും നമുക്ക് പരിചയമുള്ള സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരാളുണ്ടെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി സ്വാധീനങ്ങളുണ്ട് നമ്മൾ ഏത് കാര്യത്തിനും ദിവസവും നേരം വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നമ്മൾ അദ്ദേഹത്തെ കാണുക സാറേ ഇന്നത് ചെയ്തു തരണം ഓ അദ്ദേഹം ഒരു ദിവസം അത് ചെയ്തു തന്നു പിറ്റേന്ന് നേരം വിളിക്കുമ്പോഴും നമ്മളവിടെ ചെല്ലുക എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷനുണ്ട് അതിൻ്റെ കാര്യം അതിൻ്റെ അടുത്ത ദിവസം കുഞ്ഞിൻ്റെ ഒരു സ്കൂൾ ഒരു ഹോസ്പിറ്റലിൽ അതിന് പനിയാണ് അതെന്തുവാ ചെയ്യേണ്ടി എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും കുറച്ച് കഴിയുമ്പോൾ ഈ ആൾ നമ്മളെ കൊണ്ട് മടുക്കും ഇട നേരം വെളുത്ത് മനുഷ്യന് എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങിയ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നോ രണ്ടോ മൂന്നോ വട്ടം നമ്മളെ സഹായിച്ചതിന് ശേഷം അദ്ദേഹം എന്തു ചെയ്യും നമ്മളോട് ആ നിലയിൽ നമ്മളെ തള്ളി മാറ്റും എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അമ്പത് വർഷം എഴുപത് വർഷം ക്രിസ്തീയ ആ നിലയിൽ ക്രിസ്തീയമായ വഴിയിൽ നടന്നതിന് ശേഷവും എഴുപത്തൊന്നാം വർഷവും നമ്മൾ നമ്മൾ ആശ്രയിച്ച് ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ദൈവത്തിന് തൃപ്തി മറിച്ച് ദൈവത്തിൻ്റെ പ്രസാദം മറിച്ച് നമ്മളപ്പോഴും എഴുപത്തൊന്നാമത്തെ വട്ടം ക്രിസ്തീയ ജീവിതത്തിൽ എഴുപത്തൊന്ന് വർഷം പിന്നിട്ട ഒരാൾ ആ ആളും തൻ്റെ എഴുപത്തൊന്നാമത്തെ വർഷവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം ഇന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ള നിസ്സഹായതയോടെ ഹൃദയം കൊണ്ട് ദൈവത്തെ തേടുമ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ലാതെ ഒരു മീറ്റിങ്ങിൽ എഴുന്നേൽക്കുന്നു ആ നമുക്കൊത്തിരി വാക്യങ്ങളൊക്കെ അറിയാം ഒത്തിരി വാക്യങ്ങൾ അറിയാം ആ കാര്യങ്ങളൊക്കെ അറിയാം ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാം ഇത്രയും നാളത്തെ പരിചയമുണ്ട് എക്സ്പീരിയൻസ് പരിചയമുണ്ട് അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളെയും പരിചയങ്ങളെയും ഒക്കെ ആശ്രയിച്ച് നമ്മുടെ ബുദ്ധിശക്തിയെയും നമ്മുടെ ഓർമ്മയെയും ഒക്കെ ആശ്രയിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണോ ദൈവത്തിനിഷ്ടം അതോ ഒരു കുഞ്ഞിനെ പോലെ ഒരു നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണോ ദൈവത്തിന് ഇഷ്ടം ദൈവം രണ്ടാമത് പറഞ്ഞതാണ് ദൈവം എപ്പോഴും തന്നിൽ ആശ്രയിക്കുന്ന തന്നിലൊരാശ്രയത്വമുള്ള തൻ്റെ ഒരു പൈതലിനെ നടത്താൻ ദൈവം പ്രത്യേകം അവനിൽ പ്രസാദത്തോടെ അവൻ്റെ കൈപിടിപ്പാൻ ദൈവത്തിൻ്റെ താല്പര്യമുണ്ട് ഇവിടെ നോക്കുക നമ്മൾ റോമർ കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് നോക്കാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ആ സന്ദർഭമാണ് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഒരുവൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ പത്താമധ്യായം ഒൻപതാമത്തെ വാക്യമാണ് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൽ ആദ്യമായിട്ട് നമ്മളാശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ആ ഒരു തുടക്കം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാണത് അവിടെ ആയിരിക്കണം ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് അല്ലാതെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളതിലല്ല നമ്മുടെ ക്രിസ്തീയതയുടെ തുടക്കം അല്ലെങ്കിൽ കുറേ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുന്നു എന്നുള്ളതിലല്ല അതിൻ്റെ തുടക്കം സി എഫ് സിയിലാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു മകളായിത്തീർന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിച്ച് നമ്മുടെ ഭൂതകാല പാപങ്ങളുടെ മുഴുവൻ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് വിശ്വസിച്ച വിശ്വാസത്തോടെ ആ കാര്യം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ഒരു നിമിഷം അവിടെയാണ് തുടക്കം ചിലർക്ക് അങ്ങനെ ഒരു തുടക്കം ലഭിച്ച ഒരു സമയം ഓർമ്മയുണ്ടാവും ചിലർ പറയാറുണ്ടല്ലോ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി അവരവരുടെ ജന്മദിനം പറയുന്നത് പോലെ തങ്ങളെ രക്ഷിക്കപ്പെട്ട ദിവസം തങ്ങളെ സ്നാനപ്പെട്ട ദിവസമൊക്കെ പറയാറുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു ഒരു കൃത്യ ഒരു തീയതി അവർക്ക് പറയാനുണ്ടാകുകയില്ല എങ്കിലും അവരെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും പ്രസക്തമായ ഒരു കാര്യം അങ്ങനെ ഒരു തുടക്കമുണ്ടാകണം അല്ലാതെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു അല്ലെ കുറേ നാളായിട്ട് മീറ്റിങ്ങിന് വരുന്നു അതുകൊണ്ട് ദൈവം അങ്ങ് റ്റുക്കിറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് തൻ്റെ മകനാക്കി തീർക്കും മകളാക്കി തീർക്കും എന്ന് കരുതല്ലേ കരുതല്ലേ ഇവിടെ തന്നെ നാളുകളായിട്ട് വരുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തുടക്കമുണ്ടായിട്ടുണ്ടോ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ തരുന്ന ആ ഒരു ബോധ്യം ഉള്ളവരായിട്ടാണോ എല്ലാവരുമായിരിക്കുന്നത് കുഞ്ഞുങ്ങൾ മുതൽ തിരിച്ചറിവായതിനു ശേഷം തിരിച്ചറിവായ കുഞ്ഞുങ്ങൾ മുതൽ ആ തിരിച്ചറിവായതിനു ശേഷം കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരു നിമിഷം ഉണ്ടാവണം പ്രായമായവർ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാനും ഇന്ന് അങ്ങനെ ഒരു ആരംഭം കുറിക്കാനായിട്ട് ഒക്കും ദയവേ ഞാനെൻ്റെ ജീവിതവുമായിട്ട് അവിടുത്തെ അടുത്തേക്ക് വരുന്നു ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിലും അതൊന്നും നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമല്ല കാര്യം നീ നീ എൻ്റെ പാപികൾ പാപിയെന്നുള്ള നിലയിൽ ഞാൻ നിന്നെ ഒരു രക്ഷകൻ എന്ന പോലെ നിന്നെ സമീപിച്ചിട്ടില്ല ഞാനിപ്പോഴിതാ എൻ്റെ ജീവിതം സമ്പൂർണമായിട്ട് നിനക്കായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് അവിടുന്ന് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ സമ്പൂർണമായിട്ട് ഞാൻ നിനക്കായി തരുന്നു എന്നൊരു മൗനപ്രാർത്ഥനയിൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഈ ഈ വഴിയിലേക്ക് പ്രവേശിക്കാമല്ലോ പ്രവേശിക്കാൻ കഴിയും ഒരു വാതിൽ കിടക്കുന്നതുപോലെയാണ് പക്ഷെ അങ്ങനെ ഒരു തുടക്കമുണ്ടാകണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ആ നിലയിൽ ഒരു അനുഭവമുണ്ട് എന്ന് വിശ്വസിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് റോമർ പത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം പക്ഷേ ആ റോമർ പത്തിൻ്റെ ഒൻപത് നമ്മൾ നോക്കുമ്പോൾ അവിടെ തന്നെ ദൈവം ആ തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മളെ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നിർത്താനുള്ള മുഴുവൻ സാധ്യതകളും അവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത് തന്നെ എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ കർത്താവ് കർത്താവ് കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ കർത്താവെന്ന വാക്കിൻ്റെ അർത്ഥം ലോഡെന്നാണ് ആ ചില കാര്യങ്ങൾ നമ്മൾ ആളുകൾ പറയില്ലേ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാകുകയില്ല അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറ എന്ന് പറയലേ നമ്മൾ ഈ കർത്താവ് കർത്താവ് എന്ന് ഒത്തിരി ഒത്തിരി പറഞ്ഞ് പറഞ്ഞ് എന്താ ഈ കർത്താവ് കർത്താവ് എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് എന്ന് വെച്ചാൽ നമ്മൾ കർത്തൃത്വമുള്ളയാളാണ് ലോഡ് എന്നുള്ള അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പറയുമ്പോൾ ചിലർക്ക് കുറച്ചുകൂടെ ഒരു അർത്ഥബോധം ഉണ്ടാകും ലോഡ് എന്നു വെച്ചാൽ എന്താ നമ്മുടെ മേലുള്ള മുഴുവൻ അധികാരവും ദൈവത്തിനാണ് ദൈവത്തിനാണ് അവൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ് എൻ്റെ കർത്തൃത്വം ഞാൻ അവനായിട്ട് നൽകിയിട്ടുണ്ട് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ടേറ്റ് പറയുക അതുകൊണ്ട് അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീയെ രക്ഷിക്കപ്പെടും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവിടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നിടത്ത് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നിടത്ത് അവിടെ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നിടത്ത് അവിടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ മറ്റൊരു കാര്യം കൂടെ അവിടെ വ്യക്തമാക്കുന്നുണ്ട് അതെന്താണ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പക്ഷേ ഉയർത്തെഴുന്നേറ്റ കാര്യം പറയുമ്പോൾ ആ കാര്യം വിശ്വസിക്കുമ്പം വിശ്വസിക്കുന്ന ആളെന്തും വിശ്വസിക്കണം അതിന് മൂന്ന് ദിവസം മുമ്പ് യേശു മരിച്ചു എന്നുള്ള കാര്യവും വിശ്വസിക്കണം മരിക്കാതെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയില്ലല്ലോ മരിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള കാര്യവും വിശ്വസിക്കുന്നത് അതിൻ്റെ തന്ത്രലീനമായിട്ടുണ്ട് എന്തിനാണ് യേശു കാൽവറിക്രൂശിൽ മരിച്ചത് പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് അത് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പരിഹാരം എന്നുള്ള നിലയിലല്ല മറിച്ച് എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു ക്രിസ്തു മരിച്ചു കാൽവറി ക്രൂശ്യൽ മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കണം കണ്ടോ പറഞ്ഞു വന്നത് യേശുവിൻ്റെ കാൽവറി മരണം ആ കാര്യത്തെ ഞാൻ അതിനെ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുമ്പോഴും അതിനോട് ചേർന്നാണ് ഈ രക്ഷിക്കപ്പെടുക എന്നീ കാര്യങ്ങൾ ഈ രണ്ട് കാര്യത്തിൽ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് ആദ്യത്തേത് യേശുവിനെ കർത്താവ് കർത്താവ് ലോഡ് എന്നുള്ള നിലയിൽ ജീവിതം മുഴുവൻ സമ്പൂർണമായിട്ട് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു രണ്ടാമത് രണ്ടാമതൊന്നു പറയണമെന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യം എന്താ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് യേശു മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാൾ യേശുവിനെ എന്തായിട്ട് തിരിച്ചറിയുന്നു ഒരു രക്ഷകനായിട്ട് തിരിച്ചറിയുന്നു ഒരു സേവ്യറായിട്ട് തിരിച്ചറിയുന്നു അപ്പോൾ ഈ ഒരു വാക്യത്തിൽ യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടക്കത്തെ കുറിച്ച് തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ രണ്ട് കാര്യങ്ങൾ ഒന്ന് യേശുവിനെ നമ്മൾ രക്ഷകനായിട്ട് രക്ഷിതാവായിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം രണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം മുഴുവൻ ദൈവത്തിനാണ് ഈ യേശുവിനാണ് എന്ന നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കണം അവിടെയാണ് അതിൻ്റെ തുടക്കം പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടക്കത്തെ കുറിക്കുന്ന ഈ വാക്യത്തിൽ തന്നെ എന്തുണ്ട് ഒരു അന്ധൻ അവൻ്റെ വടിയിൽ ആശ്രയിക്കുന്ന പോലെ ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കാനുള്ള സാധ്യതകൾ ഇട്ടുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ആയിരിക്കുന്നത് ഞാനാ പറഞ്ഞത് ഈ ദൈവത്തെ കർത്താവ് നമുക്ക് ആ കാര്യം നോക്കാം ദൈവത്തെ ലോഡ് ോഡ് എന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പത്ത് വർഷമായവർ പതിനഞ്ച് വർഷമായവർ സാക്ഷ്യം പറയാനൊരു അവസരം ലഭിച്ചാൽ ആ നിങ്ങളുടെ അനുഭവ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവരെന്ത് പറയും ഞാൻ ഇന്ന വർഷം യേശുവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു ഞാൻ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ശരി കർത്താവായിട്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താ അർത്ഥമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് യേശുവിനായിട്ട് തീരെഴുതി കൊടുത്തിട്ടുണ്ട് അവനാണെൻ്റെ രാജാവ് അവനാണെൻ്റെ ലോഡ് അവനാണെൻ്റെ രാജാവ് അവനാണെൻ്റെ ജീവിതത്തിന്മേൽ കർത്തൃത്വമുള്ളത് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് സാക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മൾ അവകാശപ്പെട്ടതല്ലെങ്കിൽ ഞാൻ അവകാശപ്പെടുന്നത് പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രായോഗികമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾ തന്നെ എന്ത് എന്ത് കാണാം അവരുടെ ജീവിതത്തിൻ്റെ കർത്താവ് അവർ തന്നെയാണ് എന്നുള്ള മട്ടിൽ പെരുമാറുന്നത് കാണാൻ കഴിയും എന്തായിരുന്നു സാക്ഷ്യം എന്തായിരുന്നു ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ രാജാവ് അവനാണ് പക്ഷേ സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും രാജാവ് പൂർണമായ അർത്ഥത്തിൽ യേശു തന്നെയാണോ അതോ മുന്നോട്ട് പോകുമ്പോൾ പല രംഗങ്ങളിലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ കണ്ടെത്തും അയ്യോ ഞാനെന്തോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് യേശു ആണെൻ്റെ കർത്താവെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ഇങ്ങനെ എടുത്തടിച്ചതുപോലെ പറഞ്ഞപ്പം സത്യത്തിൽ യേശുവാണോ എൻ്റെ കർത്താവ് ഞാൻ തന്നെയല്ലേ എൻ്റെ കർത്താവ് ഞാൻ തന്നെ യേശുവിന് എൻ്റെ ജീവിതത്തിൽ ചില സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് കർത്തൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഞെട്ടലോടെ കണ്ടെത്തും നമ്മൾ മനസ്സിലാക്കും ഒരു ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതായത് ഒരാൾ ഒരാൾ താന് ഒരു ദിവസം ഈ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാട്ട് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പാടുക രാവിലെ രാവിലെ പ്രാർത്ഥിക്കാൻ പാട്ടൊക്കെ പാടുമല്ലോ അങ്ങനെ ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പാടുക ക്രിസ്ത്യാനിയായ ആൾ പാടുക ദൈവമേ നീയാണെൻ്റെ കർത്താവ് ഏ എന്നൊക്കെയാണ് ആ പാട്ട് പാട്ടിലെ വരികൾ നീ ആണ് എൻ്റെ കർത്താവ് എൻ്റെ മുഴുവീവിതവും നിനക്കാണ് എന്നൊക്കെയാണ് ആ പാട്ടിൻ്റെ വരികൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ അതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പം ഗേറ്റ് തുറന്ന ഒരാൾ കയറി ആരാ ആ യേശു കയറി യേശു കയറി വന്ന് കോളിങ് ബെല്ലടിക്കുന്നു ഈ ആൾ വാതിൽ തുറക്കുന്നു കഥയാണേ ആ ഉടനെ ഈ യേശുവിനെ കണ്ടിട്ട് ഈ വീട്ടുകാരൻ വളരെ സന്തുഷ്ടനായി സന്തുഷ്ടനായി യേശു അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്നല്ലോ വന്നു വന്നു നീ എന്തിനാ വന്നത് നീ അപ്പോൾ നീ വ വന്നത് എന്നെ കാണാനായിരിക്കുമല്ലേ എന്നാൽ ഇവിടെ ഫ്രണ്ടിലെ റൂമിൽ അല്പം നേരം ഇരുന്നാട്ടെ ഞാനൊരു ചായ കൊണ്ടുവരാം അതൊക്കെ കുടിച്ച് നോക്ക് കുശലാന് അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം നീ പോയാട്ടെ എനിക്കും ഓഫീസിൽ പോകേണ്ട തിരക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു അങ്ങനെയല്ലല്ലോ നീ രാവിലെ പാടിയത് നീ രാവിലെ പാടിയതെന്താ എൻ്റെ മുഴുവതവും കർത്താവേ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കോർണറും എല്ലാ മൂലയും നിനക്കുള്ളതാണ് എന്നുള്ള നിൻ്റെ പാട്ടിൻ്റെ സമർപ്പണം കേട്ടാണ് ഞാൻ കയറി വന്നത് ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ ഞാനിവിടെ ഫ്രണ്ട് റൂമിൽ മാത്രമല്ലിരിക്കുന്നത് നിൻ്റെ ബെഡ്റൂമിലിരിക്കും ഏ നിൻ്റെ ടി വി ഇരിക്കുന്ന മുറിയിൽ വരും നീ പല കാര്യങ്ങളും നിൻ്റെ കണക്ക് എഴുതി സൂക്ഷിക്കുന്ന മുറിയിൽ വരും കാരണം നീ പാടിയ പാടിയതെന്താ നീയാണെൻ്റെ കർത്താവ് എന്നാണല്ലോ പാടിയത് അത് അതേപടി സ്വീകരിച്ച് നിൻ്റെ കർത്താവായിട്ടെന്നും നിൻ്റെ കൂടി ഇരിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് യേശു തൻ്റെ നയം വ്യക്തമാക്കിയപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു കർത്താവേ ഞാൻ അത്രയൊന്നും മീൻ ചെയ്തില്ല നീ ഇവിടെ ഫ്രണ്ട് റൂമിലിരുന്നാൽ മതി എൻ്റെ കണക്ക് സൂക്ഷിക്കുന്ന മുറിയിലോട്ട് വരണ്ട എൻ്റെ ടി വി ഇരിക്കുന്ന മുറി അത് ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ ബെഡ്റൂം അത് പ്രിയപ്പെട്ടവരെ കഥ നമുക്കറിയാം നമ്മൾ എന്താ പറയുന്നത് നമ്മൾ പറയുന്നത് ദൈവമേ നീ എൻ്റെ രാജാവാണ് കർത്താവാണെന്ന് പറയുന്നു പക്ഷേ അത് അതേപടി സ്വീകരിച്ച് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ ഹൃദയ ഹൃദയത്തിലെ എല്ലാ മുറികളും ദൈവത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ടോ തുറന്നുകൊടുത്തു എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് പക്ഷേ പ്രായോഗിക ജീവിത രംഗത്ത് നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ചില രംഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ കണ്ടെത്തും കണ്ടെത്തും അയ്യോ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ദൈവത്തിനായിട്ട് ആ നിലയിൽ നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തും റോമർ കീഴ്തി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വർദ്ധരായിത്തീർന്നു ഇവിടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമെന്നോർത്ത് ദൈവത്തെ ദൈവമെന്ന് അംഗീകരിച്ച് അവരെ തങ്ങളുടെ ജീവിതത്തെ കൊടുത്തില്ല ദൈവത്തെ മഹത്വീകരിച്ചില്ല തങ്ങളുടെ ജീവിതം കൊണ്ട് ആ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല നന്ദി കാണിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത് ഈ കാര്യം നമ്മുടെ തലക്കിണങ്ങുന്ന ഒരു തൊപ്പിയാണോ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് ദൈവമെന്താ ദൈവം ദൈവമാണ് ദൈവം ദൈവമാണ് ഗോഡ് ദൈവമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ദൈവം അല്ലെങ്കിൽ ദൈവം ദൈവമല്ല ദൈവമല്ല ചിലർ പറയില്ലേ അവനവൻ്റെ വയറിനെ ദൈവം ആക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ എല്ലാം എന്നുവെച്ചാൽ ദൈവം ആ ആക്കിയിരിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒന്നാം സ്ഥാനം അവനവൻ്റെ വയറിനാണ് കൊടുത്തേക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ദൈവമെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ലഭ്യമാകാൻ അർഹനായതാണ് ദൈവം അപ്പോൾ ഇവിടെ പറയുന്നു ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയാണ് ദൈവത്തെ ദൈവം ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മളെ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടെത്തും നമ്മളെ ലൂക്കോസിൻ്റെ സുശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം കേവലം അവിടുന്ന് നമുക്ക് ചില അനുഗ്രഹങ്ങൾ പകർന്നു പോകുന്ന ഒരാളായിട്ടല്ല യേശു ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഏറിയ പുരുഷാരൻ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് ഏറിയ പുരുഷാരൻ അന്ന് തൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകൾ ഏറിയ പുരുഷാരമുണ്ട് അവർ വന്നപ്പോൾ അവരൊക്കെ എന്തായിരുന്നു ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ദൈവത്തെ അവർക്കറിയാം ദൈവത്തെ അവർക്ക് ബഹുമാനമാണ് ദൈവത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു പുരുഷാരൻ തന്നോടുകൂടെ പോകുമ്പോൾ യേശു തിരിഞ്ഞ് എന്തു പറയുന്നു ശിഷ്യത്വത്തിൻ്റെ പടികളെക്കുറിച്ച് പറയുക നിങ്ങൾ എന്നെ ദൈവമെന്ന് കാണുന്നുണ്ടോ എന്നെ ഗുരുവെന്ന് നിങ്ങൾ വിളിക്കുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ ഗുരുവാക്കണമെങ്കിൽ നിങ്ങളെന്ത് വേണം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദന്മാരെയും സഹോദരികളെയും പകയ്ക്കണം പകച്ചിട്ട് അവർക്കുള്ളതിനേക്കാൾ നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം എനിക്കായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അതാ ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു പടി പറയുന്നു ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഇവന് അവിടെ പറയുന്ന മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ എന്താ അവൻ തന്നെ നേടിയതാ ന്യായമായിട്ടും അവന് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനെയൊക്കെ വിട്ടുപിരിഞ്ഞാലേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ എന്നെ യഥാർത്ഥത്തിൽ ഗുരുവെന്ന് അവന് കൈക്കൊള്ളാൻ കഴിയുള്ളൂ എന്ന ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ പടവിനെക്കുറിച്ച് അവിടെ പറയുന്നു മൂന്നാമത് ഒരു പടിയുടെ കടന്നുള്ള കാര്യം നേരത്തെ നമ്മൾ വായിച്ച് ഇരുപത്താറാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട് എന്താ സ്വന്തം ജീവനെ കൂടെ വായിക്കണം അപ്പോൾ കണ്ടോ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ നമ്മുടെ പൊസഷൻസിനേക്കാളും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കാൾ നമ്മുടെ വസ്തുവകകൾ നമ്മുടെ വീട് നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ ചിലരെ സംബന്ധിച്ച് വസ്തുവകകളെക്കാളും ഒക്കെ മൊബൈൽ ഫോണിനോടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അതിനേക്കാളും അപ്പോൾ അത് പറഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകും നിൻ്റെ മൊബൈൽ ഫോണിനെ നീ വിട്ടു പിരിയുന്നില്ലെങ്കിൽ എന്നർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഉടനെ പുറത്തിറങ്ങി മൊബൈൽ ഫോൺ എറിഞ്ഞുടച്ച് കളയണമെന്നല്ല പറഞ്ഞത് അതിനേക്കാൾ സ്ഥാനം നീ എന്തിനു കൊടുക്കണം നിൻ്റെ പൊസൻസ് നിൻ്റെ കയ്യിലുള്ള സാധനങ്ങളേക്കാൾ നിൻ്റെ തന്നെയാണ് ഇതെല്ലാം ഈ വീട് നിൻ്റേതാണ് ഈ കാർ നിൻ്റേതാണ് ഈ ബൈക്ക് നിൻ്റേതാണ് ഇതെല്ലാം നിൻറേത് തന്നെയാണ് പക്ഷേ ഇതെല്ലാം നിനക്ക് തുടർന്നും കൈകാര്യം ചെയ്യാം പക്ഷേ അതിനെ കവിയുന്ന ഒരു സ്ഥാനം നീ എനിക്ക് തരണം തന്നാൽ മാത്രമേ നീ എന്നെ ദൈവത്തെ ദൈവമെന്നുള്ള നിലയിൽ മഹത്വീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നീ എന്നെ ഗുരുവെന്ന് പൂർണമായിട്ട് കാണുന്നുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതോ രണ്ടാമത് ബന്ധങ്ങളെക്കാൾ കവിയുന്ന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം നമുക്ക് പ്രിയപ്പെട്ട പലതുണ്ട് ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണല്ലോ ഉലകിലെന്നരിയിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് ഉലകിലെൻ്റെ അരികിലായിട്ട് പ്രിയരായ പലരുണ്ട് നമ്മുടെ ബന്ധുക്കളുണ്ട് ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ അവരുടേതായ സ്ഥാനമുണ്ടെന്നാൽ അതിനെ കവിയുന്ന ഒരു സ്ഥാനം എനിക്ക് നൽകണം എന്നുള്ള അർത്ഥത്തിൽ ദൈവം പറയുന്നു അവരെ പകയ്ക്കണം എന്ന പറയുന്നു മൂന്നാമത് സ്വന്തം ജീവൻ സെൽഫ് ലൈഫ് നമ്മുടെ കയ്യിലുള്ളത് വിട്ടു പിരിയാൻ അത് താരതമ്യേന എളുപ്പമായിരിക്കാം ബന്ധങ്ങളെ വിട്ടുപിരിയാനും ഒരുപക്ഷെ കുറച്ചുകൂടെ പ്രയാസമാണെങ്കിലും അതും കഴിഞ്ഞു നിന്നിരിക്കാം എന്നാൽ സ്വന്തം ജീവൻ സ്വന്തം ജീവൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പ് നമ്മിൽ നമ്മൾ നമുക്ക് തന്നെ കൊടുത്തിരിക്കുന്ന സ്ഥാനം അതിനെ കവിയുന്ന ഒന്ന് ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കും പ്രിയപ്പെട്ടവര് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയും ഞാൻ കർത്താവിനെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ശിഷ്യത്വത്തിൻ്റെ ജീവിതമാണ് എൻ്റേത് ഇല്ലേ പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയും ഓ ഡിസൈപ്പിൾഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ പ്രസംഗിക്കുന്ന ആളുകളാണ് ശരിയാണ് ശരിയാണ് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രിയമായ പല കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയും നിനക്ക് ദൈവമാണോ വലുത് അതോ നിൻ്റെ പൊസൻസാണോ നിനക്ക് ദൈവമാണോ വലുത് അതോ നിൻ്റെ റിലേഷൻസ് ആണോ നിനക്ക് ദൈവമാണോ വലുത് അതോ നിൻ്റെ സെൽഫ് ലൈഫാണോ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തും ദൈവമേ ശരിയാ ഞാൻ മീറ്റിങ്ങിൽ പാടി അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പാടി നീ ആണ് രാജാവെന്നും നീയാണെൻ്റെ ദൈവമെന്നും പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഞാനിപ്പോൾ കണ്ടെത്തുന്നു എന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ അംഗീകരിക്കും അംഗീകരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ പറയും ദൈവമേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ ഈ നിലയിൽ നിനക്കായിട്ട് കീഴ്പ്പെടുത്തി തരുന്ന ഒരു ജീവിതം എന്നെ കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല എന്നെക്കൊണ്ട് അതിന് കഴിയയില്ല ഞാനെ വിചാരിച്ചു ഞാൻ എല്ലാ മേഖലയും നിനക്ക് നൽകിയെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഈ പ്രായോഗിക കാര്യം വന്നപ്പം അങ്ങനെ അല്ലെന്നെ കാണിച്ചല്ലോ ദൈവം ഞാൻ എന്നെ കൊണ്ട് നോക്കുകയല്ല ഞാൻ ഈ കാര്യത്തിനും നിന്നിലാശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരന്ധൻ അവൻ്റെ വടിയിൽ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന പോലെ ഓ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു സാധ്യതയെ ഇട്ടുകൊണ്ടാണ് റോമർക്കെഴുതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ആ തുടക്കവാക്യം തന്നെ ആ ഒരു സാധ്യത ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ പർവ്വത പ്രസംഗത്തിൽ താൻ പറഞ്ഞു ഇത് കാണുമ്പോൾ നമ്മൾ പിന്നെയും ആഴക്കൊഴിച്ച് അങ്ങനെ ഒരു പ്രയോഗമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴക്കുഴിച്ച് ഡിഗിങ് ഡീപ്പ് നമ്മൾ തീർച്ചയായിട്ടും കുഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ സമനിലത്തിൽ നിന്നല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് നമ്മൾ കുറച്ച് കുഴിച്ചു എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചില രംഗങ്ങളിൽ നമ്മൾ കണ്ടെത്തും ഇനിയും കുഴിക്കേണ്ടതായിട്ടുണ്ട് കുഴിച്ചു പക്ഷേ ഇനിയും ആഴത്തിൽ കുഴിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അന്നേരം വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കുന്നു പക്ഷേ അങ്ങനെ സമർപ്പിച്ച് പിന്നെ മുന്നോട്ട് പോകുമ്പം പിന്നീട് വേറൊരു രംഗത്ത് ദൈവം നമ്മളെ കാണിക്കും ഇനിയും നീ ആഴത്തിൽ കുഴിക്കേണ്ടതായിട്ടുണ്ട് ഞാനെന്താ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് റോമർ കഴിഞ്ഞ ലേഖനം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമായിട്ട് ആളുകൾ പറയുന്നതെങ്കിൽ അല്ലേ ദൈവചനം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ നമുക്ക് ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കാനും ദൈവത്തെ മുഴു ശരണപ്പെടാനും ദൈവമേ എന്നെ കൊണ്ട് ഇത് കഴിയല എന്നുള്ളത് പറയാനും നമുക്കതിനുള്ള സാധ്യത അവിടെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയായിരുന്നു ബ്രേറെ ഞാൻ മടുത്തു ഞാൻ മടുത്തു ഞാൻ പറഞ്ഞു മോനെ ഞാനും മടുത്തു ഒരളവിയും മടുക്കുന്നത് നല്ലതാണ് എന്തിലാണ് മടുക്കേണ്ടത് നമ്മുടെ സ്വന്തം ശക്തിയും മടുക്കണം മടുക്കണം നമ്മളെ കൊണ്ട് കഴിയുമോ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നു രാവിലെ മീറ്റിംഗ് പോ ഇതേ വരെ ഒരുങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വേഗം വണ്ടിയൊക്കെ ഓടിച്ച് വരിക വന്ന് നമ്മൾ വളരെ ധൈര്യത്തോടെയും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുമൊക്കെയാണ് നമ്മൾ വരുന്നത് പക്ഷേ ഇവിടെയല്ല ഇതിൻ്റെ ഒരു ടെസ്റ്റ് നടക്കുന്നത് പലപ്പോഴും പ്രായോഗികമായ തിങ്കൾ മുതൽ ശനി വരെയുള്ള ജീവിതത്തിൽ ഓ ദൈവമേ മടുത്തു എന്നെക്കൊണ്ട് ഒക്കുന്നില്ല എന്നെ കൊണ്ട് ഒക്കുന്നില്ല ഒരു നല്ല അർത്ഥത്തിൽ മടുക്കുന്നത് നല്ലതാണ് എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് കണ്ടാലേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ നമ്മൾ ആശ്രയിക്കുകയുള്ളൂ ഈ വടിയിൽ ആശ്രയിക്കുന്ന അന്ധന് രണ്ട് നിലപാടുകളുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നെന്ന് പറയുന്നത് അവൻ എന്തില്ല അവനിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല അവൻ രാവിലെ എഴുന്നേറ്റ് ഉണർന്നു കഴിയുമ്പോൾ കട്ടിലിൻ്റെ തലക്കിലുമൊക്കെ ഇങ്ങനെ പരുതുക അവനോട് ചോദിക്കുക സുഹൃത്തെ നിങ്ങൾ ഉണർന്നില്ലേ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലും എണ്ണിട്ട് പോകരുതോ അയ്യോ നിങ്ങൾക്കൊക്കെ അങ്ങനെ പോകാതിരിക്കും എനിക്കെന്തുയില്ല എനിക്ക് കണ്ണില്ല എനിക്ക് ഈ വടി കിട്ടിയാലേ പറ്റുള്ളൂ അവൻ നിസ്സഹായനാണ് അവനൊരു സ്വന്തം ശക്തിയില്ല അപ്പോൾ അതാണ് അന്ധൻ്റെ ഒരു നിലപാട് തന്നിൽ തന്നെ അവനൊരാശ്രയമില്ല തന്നിൽ തന്നെ അവന് ചാനൊക്കുകയില്ല തന്നിൽ തന്നെ അവൻ ഊന്നാനായിട്ടൊക്കുകയില്ല കാരണം അവനെന്തില്ല അവന് കണ്ണില്ല അവൻ്റെ മുഴുവൻ ടോട്ടലി ഈ വടിയിൽ ഡിപ്പെൻഡാണ് അവൻ നിസ്സഹായനാണ് രണ്ട് എന്തുണ്ട് രണ്ട് അങ്ങനെ പറഞ്ഞ് അവനാ വടിയെ പിടിച്ചു കഴിയുമ്പം ആ വടിയിൽ അവന് ചാരാനായിട്ട് കഴിയും വടിയിലവനെ ആശ്രയിച്ച് ധൈര്യത്തോടെ പോകാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു ധൈര്യമില്ല നമ്മൾ തന്നെ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ല ചില ആളുകൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏ നമുക്കതങ്ങനെ ചെയ്ത് കളയാം എങ്ങനെ ചെയ്ത് എത്ര ശക്തരാണ് പെരുമാറ്റത്തിൽ എത്ര ശക്തരാണ് എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ലേ നമുക്കും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു നേതാവ് ഒക്കെ ആകണമെങ്കിൽ വേണം വാന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ആളുകളെ നയിച്ച് മുന്നോട്ട് പോകണം നമ്മൾ ആ നിലയൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആ നിലയിലുള്ള ധൈര്യമില്ല കാരണം നമ്മിൽ നമുക്ക് നമ്മിൽ തന്നെ ഒരു ആശ്രയത്വമില്ല രണ്ട് ഈ അന്ധന് അവന് തന്നെ ആശ്രയമില്ലാതെ ആ വടി കിട്ടിക്കഴിയുമ്പോൾ ആ വടിയിലാണ് അവൻ്റെ ടോട്ടൽ ഡിപ്പെൻഡൻസ് നമുക്ക് ദൈവത്തിലാണ് ആശ്രയം ഏത് കാര്യവും ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല ഓരോ കാര്യത്തിൻ്റെ മുമ്പാകെയും ദൈവമുണ്ടെങ്കിൽ അവിടെ ധൈര്യമാണ് ദൈവം ഉണ്ടെങ്കിൽ ധൈര്യം ഓ ക്രിസ്ത്യ ജീവിതത്തെ മുന്നോട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ വന്ന് എൻ്റെ ഉറവിയെങ്കിൽ നിന്ന് കുടിക്കാനായിട്ട് കർത്താവൂരുപമ്മ പറയുന്നുണ്ടല്ലോ അവിടെയും ഈ രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട് വെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന നീർത്തോടുകളിലേക്ക് വരുന്ന ഒരുമാൻ അല്ലെങ്കിൽ വെള്ളത്തിനായിട്ട് ദാഹിക്കുന്ന ഒരുവൻ അവനെ വെള്ളം കുടിക്കുന്ന ഒരുവൻ അവനെ സംബന്ധിച്ച് എന്തുണ്ട് അവനും ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ എന്തുണ്ട് ഒരു ദാഹമുണ്ട് അവനിലെന്തോ ഒരു കുറവുണ്ട് ദാഹമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ബ്ലഡിലുള്ള ഏതോ ഘടകങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് വെള്ളം കിട്ടാനായിട്ട് നമ്മളൊരു നമ്മിലൊരു ഉള്ള കുറവുകൾ നമ്മളെ ആ ഒരു ദാഹം നമുക്ക് തരിക എനിക്ക് കുടിച്ചാലേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ദാഹം എനിക്കെന്തോ കുറവുണ്ട് എനിക്കത് വെള്ളം കിട്ടിയാലേ പറ്റുകയുള്ളു എന്നുള്ള നിലയിൽ വെള്ളത്തിനായിട്ടുള്ള ഒരു ദാഹം രണ്ട് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അതിലുള്ള തൃപ്തി നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം പ്രിയപ്പെട്ടവര് ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലുമൊക്കെ വിശദമാക്കിയൊക്കെ പറയാം പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായിട്ട് എത്ര വർഷങ്ങൾ കടന്നു പോയാലും ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടാകണം നമ്മിൽ തന്നെ ഒരു ബലമുണ്ടാകരുത് രണ്ട് ദൈവത്തിലുള്ള ഒരു ആശ്രയത്വത്തിൽ ആ ധൈര്യം നമ്മൾ കൈയാളി ആ വടി കിട്ടിക്കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് പോലെ പോവുകയും വേണം ഞാൻ വേഗത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം ഒന്നാമത് നമ്മൾ പറഞ്ഞത് അവിടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനെ കർത്താവ് കർത്താവ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അവനെ നമ്മുടെ രക്ഷകൻ രക്ഷകൻ എന്നും തിരിച്ചറിയണം നമ്മുടെ സേവ്യർ അത് രക്ഷകൻ എന്ന് പറയുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് പാപത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് രക്ഷകൻ എന്ന കണ്ടെത്തൽ രക്ഷകൻ എന്നുള്ള കണ്ടെത്തൽ നമ്മുടെ പാപം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ ഭൂതകാല പാപങ്ങൾ ദൈവം എന്ത് ചെയ്തു ദൈവം അത് അതിന് ക്രമീകരണം വരുത്തി അത് പരിഹരിച്ചു എന്ന് തന്നല്ല ആ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു അത് ദൈവം മറന്നു കളയുകയും ചെയ്തു ഇത് ശരിയാണ് എന്നാൽ രക്ഷയിൽ ഈ പാപത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ നമ്മുടെ ആ നിലയിലുള്ള അവബോധത്തിന് മൂന്ന് കാലങ്ങളോട് ചേർത്ത് പറയാറുണ്ട് രക്ഷയുടെ മൂന്ന് കാലങ്ങൾ എന്ന് അതിനെ വേദപണ്ഡിതന്മാരെ വിശദീകരിക്കാറുണ്ട് രക്ഷയുടെ ഭൂതകാലം രക്ഷയുടെ ഭൂതകാലം എന്ന് പറയുന്നത് എന്താ നമ്മൾ ആദ്യമായിട്ട് കർത്താവിനെ സ്വീകരിച്ച രംഗമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ രംഗമാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾ ദൈവത്തോടെ ഏറ്റു പറഞ്ഞു ദൈവം അത് ക്ഷമിച്ചു നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യം എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യം തീർന്നില്ല പിന്നെന്താ ഉള്ളത് അതിന് മറ്റ് രണ്ട് കാലങ്ങളൂടെ കിടപ്പുണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഭൂതകാലമാണ് പാസ് ടെൻസ് അതിന് രണ്ട് കാലങ്ങളൂടെ കിടപ്പുണ്ട് എന്ത് കാലങ്ങൾ കിടപ്പുണ്ട് ഓ ഒരു പ്രസൻറ്റ് ടെൻസും കിടപ്പുണ്ട് ഒരു ഫ്യൂച്ചർ ടെൻസും കിടപ്പുണ്ട് ഈ രക്ഷയുടെ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ രക്ഷയുടെ ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒന്ന് യോഹനാൻ മൂന്നാമധ്യായം നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഈ കാര്യം ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾക്ക് പോകാം അതിൻ്റെ മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യം പ്രിയമുള്ളവരെ നാം ദൈവമക്കളാകുന്നു നാം ദൈവമക്കൾ ആകുന്നു അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ രക്ഷിക്കപ്പെട്ടു ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ ദൈവമകനാകുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ രക്ഷ അത് സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഭൂതകാലത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള നിലപാടുണ്ട് നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റി നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ പാപത്തിൻ്റെ ശിക്ഷ എന്താ പാപം ചെയ്യുന്ന ദേഹി മരിക്കും ആ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് രണ്ടാം മരണം മരണം അപ്പോൾ നരകത്തിൽ പോകുന്നതാണ് ഒരളവിൽ പാപത്തിൻ്റെ ശിക്ഷ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു നാം ദൈവമക്കളായി എന്നാൽ നാം ഇന്നതാകും മൂന്നിൻ്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് യോഹനൻ മൂന്നിൻ്റെ രണ്ട് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു ഇവിടെ രക്ഷയുടെ രണ്ട് കാലത്തെ ഈ വാക്യത്തിൽ യോഹനാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് ഞാൻ നമ്മൾ ദൈവമക്കളാകുന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടു പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മുടെ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല ഈ ശരീരം എന്താ ഈ ജഡം ഈ ശരീരവും പാവേച്ചകളും കൂടെ ചേർന്നുള്ള ഈ ജഡം അത് അതുപോലെ നിൽക്കുക അത് നിൽക്കുക ഈ ശരീരത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് എപ്പോഴേ ഉണ്ടാകുകയുള്ളൂ നാം കർത്താവിനെ തൻ്റെ മഹത്വത്തിൽ കാണുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം കർത്താവ് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ആ സമയത്ത് മാത്രമേ നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു രക്ഷ വരുന്നുള്ളൂ അല്ലെങ്കിൽ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമുക്കൊരു രക്ഷ ഭാവി കാലത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ രക്ഷയുടെ വർ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു ഭാവി കാലത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഇന്നോ ഇന്ന് നമ്മൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് രക്ഷയുടെ വർത്തമാന കാലഘട്ടം രക്ഷയുടെ വർത്തമാന കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ദിനംതോറും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദിനോറും നമ്മൾ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകണം കാരണം പാപമുള്ള ഒരു ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ഈ പാപമയമായ ഈ ലോകത്തിലായിരിക്കുമ്പം പലപ്പോഴും നമ്മുടെ വിചാരം കൊണ്ട് വാക്ക് കൊണ്ട് മനോഭാവം കൊണ്ട് നമ്മുടെ ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം കൊണ്ട് ഒക്കെ നമ്മൾ പാപം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക രക്ഷയുടെ വർത്തമാനകാലം നമ്മൾ പ്രവർത്തിച്ചെടുക്കുക ചെയ്യുന്നത് ഈ പ്രവർത്തിച്ചെടുക്കുമ്പോൾ അത് ഓ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിമോചിതരായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് ഓക്കെ രക്ഷയുടെ മൂന്ന് കാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നാം രക്ഷിക്കപ്പെട്ടു നമ്മളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം മാറ്റി നമ്മുടെ ആത്മാവാണ് അവിടെ രക്ഷിക്കപ്പെട്ടത് അതിനാണ് മാറ്റമുണ്ടായത് രണ്ട് രക്ഷയുടെ ഭാവി കാലം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ഈ ശരീരം കർത്താവിൻ്റെ ശരീരത്തിന് തുല്യമായി അവനോട് സദൃശ്യനാകും അത് സംഭവിക്കുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പാപത്തിൻ്റെ പ്രസൻസിൽ നിന്ന് തന്നെ നമുക്ക് വിടുതലുണ്ട് എന്നാൽ ഇന്ന് വർത്തമാന കാലഘട്ടത്തിലോ ഓ അവിടെ നമ്മൾ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ദേഹിക്ക് മാറ്റമുണ്ടാകുന്നു അത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതല് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നോക്കുക നമ്മൾ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ രക്ഷകനായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു അംഗീകരിച്ചു എന്ന് പറയുമ്പം അത് കേവലം ഭൂതകാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നമുക്ക് രക്ഷകനായിട്ട് ഇന്നും വേണം കാര്യം നമുക്ക് ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ വർത്തമാനകാലം നമ്മൾ പ്രവർത്തിച്ചെടുക്കുന്നതിന് യേശുവിനെ രക്ഷകനായിട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതായിട്ടുണ്ട് ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ റോമർ പത്തിൻ്റെ ഒമ്പതിലേക്ക് വരുമ്പം യേശുവിനെ രക്ഷകൻ എന്ന് നമ്മൾ അംഗീകരിച്ച് നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് രക്ഷകനായിട്ട് അവനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് രക്ഷകൻ എന്നുള്ള നമ്മുടെ ബന്ധം തീരുന്നില്ല മറിച്ച് എന്താ നമ്മൾ ഓ യേശുവിനെ രക്ഷകനെന്ന് ദിനംതോറും ദിനംതോറും അറിഞ്ഞുകൊണ്ട് തന്നെ സേവ്യർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ യേശുവിനെ രക്ഷകൻ എന്നുള്ള നമ്മുടെ ബന്ധവും നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സ്വയബലത്തെ ഒത്തിരി തകർത്തുകൊണ്ടിരിക്കും ചില ആളുകൾ പറയാറില്ലേ ഞാനെ രക്ഷിക്കപ്പെട്ടു ഞാൻ ഇന്നിൻ്റെ പാവങ്ങളോടൊക്കെ വിടുതൽ വിട പറഞ്ഞു വിട പറഞ്ഞു നിങ്ങളെപ്പോലൊന്നുമല്ല ഞാൻ ഏഹ് പാവത്തിൻ്റെ മേലൊക്കെ എനിക്ക് ജയമുണ്ട് പാവത്തിൻ്റെ മേലൊക്കെ ജയമുണ്ടെന്ന് പറഞ്ഞേച്ചീ പോകുന്ന ചങ്ങാതി മുന്നോട്ടു പോകുമ്പം അവൻ സത്യസന്ധനാണെങ്കിൽ പിന്നെയും ചില രംഗങ്ങളിൽ അവൻ എന്ത് കണ്ടെത്തും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ അയ്യോ അയ്യോ ഞാൻ പാപിയാണ് എന്നുള്ളത് കണ്ടെത്തും ഈ ഒരു നിലവിളി ബൈബിളിൽ ഉടനീളമുണ്ടല്ലോ നമുക്ക് പൗലോസിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്ന് തീമത്തിൽ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വാക്യം പൗലോസ് എന്ത് പറയുന്നു ഞാൻ പാവികളിൽ ഒന്നാമൻ എന്ന് പറയുന്നു ഞാൻ പാവികളിൽ ഒന്നാമൻ എങ്ങനെയാണ് പൗലോസിന് അത് പറയാൻ പറ്റുന്നത് പൗലോസിന് തൻ്റെ ജീവിതത്തിൽ ഓ താന് രക്ഷിക്കപ്പെട്ടവനാണ് മുന്നോട്ട് പോകുന്നവനാണ് എങ്കിലും ദൈവിക തേജസ്സിന് മുമ്പാകെ ചില രംഗങ്ങളിൽ താനെ കണ്ടെത്തുക അയ്യോ ഞാൻ പാവിയ ഞാൻ പാവിയ എന്നിൽ ആ പാപത്തിൻ്റെ കാര്യം ഇപ്പോഴും കിടപ്പുണ്ട് കൂടുതൽ സട്ടിലായ നിലയിലായിരിക്കും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ നിലയിലായിരിക്കും മറ്റുള്ളവരെ പോലെ പ്രകടമായ ഒരു പാപമായിരിക്കേയില്ല എന്നാലും അതെന്തുണ്ട് അതവിടെ കിടപ്പുണ്ട് നമ്മൾ ഈ ക്രിസ്ത്യ ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പണ്ട് പാപമല്ലാതിരുന്ന പല കാര്യങ്ങളും എന്തായിത്തീരും കൂടുതൽ പാപമായിട്ട് തോന്നിത്തുടങ്ങും തോന്നിത്തുടങ്ങുന്നുണ്ടോ തോന്നിത്തുടങ്ങണം തോന്നിത്തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തും പൗലോസിനെ പോലെ പറയും അയ്യോ അയ്യോ ഇത്രയും വർഷമായി ഞാൻ ആർക്കെല്ലാം ലേഖനം എഴുതി ആരോടെല്ലാം പ്രസംഗിച്ചു ഇതെല്ലാം ചെയ്തിട്ടും ഞാനിങ്ങനെ ആണല്ലോ അതുകൊണ്ട് ഈ മുഴുവൻ പാവിയേക്കാളും ഒന്നാമത്തെ പാവി ഞാൻ തന്നെ എന്നാണ് താനവിടെ പറയുന്നത് അത് പറയുമ്പോൾ അവിടെ വളരെ മനോഹരമായ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒന്ന് തീമത്തിയോസ് ഒന്നാമധ്യായം അതിൻ്റെ അതിൻ്റെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ പതിനഞ്ചാമത്തെ വാക്യം ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് പറയുമ്പോൾ അവിടെ കണ്ടോ പ്രതീക്ഷ നൽകുന്ന വേറൊരു കാര്യമുണ്ട് എന്താ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു ക്രിസ്തുവേശു സേവ്യറാണ് പാപികളെ രക്ഷിപ്പാൻ സേവ്യറായിട്ട് വന്നു ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് ഞാൻ കണ്ടെത്തുമ്പം എനിക്കെന്തോ ചെയ്യാൻ കഴിയും ക്രിസ്തുവേശുവിനെ സേവ്യർ എന്നുള്ള നിലയിൽ കൂടുതൽ രുചിച്ചറിയാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് ആ സാധ്യതയെക്കുറിച്ചാണ് തന്നവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ പൗലോസിൻ്റെ ജീവിതത്തിൽ നിരന്തരം നമുക്കിങ്ങനെയുള്ള നിലവിളി നമുക്ക് കാണാനായിട്ട് കഴിയും ആ താന് റോമർ കെഴിഞ്ഞ ലേഖനം ഏഴാമധ്യായത്തിൽ ഏഴാമധ്യായത്തിൽ താൻ പറയുന്നുണ്ടല്ലോ ഞാനോ ജഡമയൻ കണ്ടു അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാനോ ജഡമയൻ ഞാൻ വെറും ജഡീകന ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ താൻ കണ്ടെത്തുക താൻ അത് കണ്ടെത്തുമ്പോൾ ജഡമയനാണെന്ന് കണ്ടെത്തുമ്പം പാപത്തിൻ്റെ ദാസനാണെന്ന് കണ്ടെത്തുമ്പോൾ എന്തു വേണം യേശുവിനെ രക്ഷകനായിട്ട് രുചിച്ചറിഞ്ഞാലേ തനിക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ യേശു രക്ഷകനാണെന്നുള്ളത് നമ്മൾ ഭൂതകാലത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ ഒരു ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല എന്നാങ്ങനെ പോകുന്ന ആളുകളുണ്ട് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോട് സ്പർശതയുള്ളവരാണെങ്കിൽ നമ്മളെന്ത് കണ്ടെത്തും അയ്യോ ഞാൻ എന്നിൽ കൂടുതൽ കൂടുതൽ പാവങ്ങൾ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് കഴുകൽ പ്രാപിച്ചു കൊണ്ടിരിക്കുകയും യേശുവിനെ രക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തമഗീതത്തിൽ നിന്ന് ഒരു കാര്യം വായിക്കാനായിട്ട് ഞങ്ങൾക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി ഉത്തമഗീതത്തിൽ അവിടെ അന്ന് പറയാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്തമഗീതം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ അതിൻ്റെ നാലാമത്തെ വാക്യം നീ നിൻ്റെ പിന്നാലെ എന്നെ വലിക്കാം നിൻ്റെ പിന്നാലെ എന്നെ വലിക്കാം ശലോമനോട് അവൾ പറയുകയാണ് കാന്ത പറയുകയാണ് ശൂന്യങ്കാരി പറയുകയാണ് നിൻ്റെ പിന്നാലെ എന്നെ വലിക്കാം നാം ഓടിപ്പോകാം രാജാവ് എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു പള്ളി അറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പള്ളി അറയിലേക്ക് കൊണ്ടുവന്നു രാജാവിൻ്റെ പ്രസൻസിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റായിട്ട് അവൾ പറയുന്നത് എന്താ ഉടനെ അവൾ പറയുന്നത് എന്താ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യരിശിലേയും പുത്രിമാരേ ഞാൻ കറുത്തവളാണ് ഞാനെ കറുത്തവളാണ് അവളവളുടെ കറുപ്പിനെക്കുറിച്ച് അവളുടെ ജീവിതത്തിലെ പോരായ്മയെക്കുറിച്ച് അവളുടെ പാപത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കുക കണ്ടോ അവളെ രാജാവിൻ്റെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നു പുറത്തുള്ളതിനേക്കാളും വെളിച്ചമുണ്ട് ആ രാജാവിൻ്റെ കൂടുതൽ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പം ഒരു ആയിരം ആട്ടും ബൾബിൻ്റെ അടുത്തേക്ക് വരുന്നതുപോലെ അതിന് അനേക ഘാതം അകലെ നിൽക്കുമ്പം അവൾക്ക് അവളുടെ പോരായ്മകളെക്കുറിച്ച് അത്രത്തോളം അറിയയില്ല എന്നാൽ ഇവിടെ പള്ളിയറയിൽ രാജാവിൻ്റെ ഇമ്മീഡിയറ്റ് പ്രസൻസി വന്നു കഴിഞ്ഞപ്പം ആ ആയിരമാട്ട് വൾബിൻ്റെ ഏറ്റവും അടുത്ത് വന്നു കഴിഞ്ഞപ്പം അവൾ ഉടനെ കണ്ടെത്തുക ഞാൻ കറുത്തവളാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷയുടെ വർത്തമാനകാലാനുഭവം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ പറയും ഞാനാണ് പാവിയിൽ ഒന്നാമൻ ഞാനാണ് ജഡമയൻ ഞാൻ എന്നിലൊരു നന്മയും വസിക്കുന്നില്ല ഇത് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെന്താ അത് കണ്ടെത്തി ഞാൻ പാവിയിൽ ഒന്നാമനാണെന്ന് പറഞ്ഞിട്ട് പൗലോസ് ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകുകയാണോ അല്ല കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് വരിക ചെയ്യുന്നു അടുത്ത് വരുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും അടുത്ത് വരുമ്പം അടുത്ത് വരുന്നു എന്നുള്ളത് കാണിക്കുന്നത് എന്താ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് എന്താണ് കർത്താവിനോട് പറയുന്നത് കർത്താവേ ഞാൻ വിശുദ്ധനാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ നിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്ത് കണ്ടെത്തുന്നു ഞാൻ കർത്തവനാണ് ഞാൻ എന്നിൽ കുഴപ്പങ്ങളുണ്ട് ഞാനാണ് പാവിയിൽ ഒന്നാമൻ ഞാൻ ജഡമയൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ എന്തോ വേ എന്താണ് അവൻ പറയുന്നത് കർത്താവെ എനിക്ക് നിന്നെ രക്ഷകനായിട്ട് കൂടുതൽ അടുത്തറിയണം നിൻ്റെ പാവികളെ രക്ഷിപ്പനായിട്ടാണല്ലോ നീ വന്നത് ഞാനിപ്പോൾ പാവിയാണ് അതുകൊണ്ട് നീ നിൻ്റെ രക്ഷ എനിക്ക് അടച്ചു കളയുകയില്ലല്ലോ നീ എന്നെ രക്ഷിക്കുമല്ലോ കണ്ടു അതാണ് അതിൻ്റെ പോസിറ്റീവായ വശം സഹോദര സഹോദരി നമ്മൾ നമ്മുടെ കുറവിനെ എത്രത്തോളം കാണുന്നോ അത്രത്തോളം നമുക്ക് കർത്താവിനെ ആവശ്യമുണ്ട് കർത്താവിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചെല്ലുന്നതാണ് കർത്താവിലുള്ള ആശ്രയത്വം ആശ്രയത്വം കർത്താവ് ഉടനെ എന്തോ ചെയ്യും അങ്ങനെ ആശ്രയിക്കുന്ന ഒരാളിനെ തള്ളിക്കളയുകയില്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നാട്ടിലെ പ്രഭുവിനെപ്പോലെ ഓ നീ ഇപ്പോഴും ഇപ്പോഴും നീ ശരിയായിട്ടില്ലെന്നും പറഞ്ഞാണോ വരുന്നത് ഓ നിന്നെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയില്ല മറിച്ച് എന്ത് ചെയ്യും കർത്താവ് അവനെ മാറോടണയ്ക്കും അവനെ സ്നേഹിക്കും അവനെ കൂടുതൽ കഴുകും അവനെ കൂടുതൽ തെളിമയുള്ളവനാക്കി തീർക്കും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പൗലോസിൻ്റെ ഒരു അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായത്തിൽ പൗലോസിൻ്റെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ ഗന്നേശ്വര തടാകത്തിൻ്റെ അടുത്ത് വന്നു മീൻ പിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു ഇവിടെ ഈ ഷിമോൻ പത്രോസ് നേരത്തെ ഒരിക്കൽ ഈ ലൂക്കോസ് അഞ്ചിൽ കാണുന്ന ഷിമോൻ പത്രോസ് നേരത്തെ ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് വന്നതാണ് കർത്താവുവിനെ അനുഗമിപ്പാനായിട്ട് വിളിച്ചതുമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൻ വിട്ടേച്ച് പോയ ഷിമോൻ പത്രോസിനെയാണ് ലൂക്കോസ് അഞ്ചിലെ കർത്താവ് വീണ്ടും അഭിമുഖീകരിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പം നേരത്തെ ആ വിളി സ്വീകരിച്ച് അവൻ മുന്നോട്ട് പോയില്ല യോഹനാൻ്റെ സുവിശേഷം പ്രാരംഭാധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ വിളി അവനന്നേരം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ എന്തു ചെയ്തു അതിൽ നിന്ന് പുറകോട്ട് പോയി പുറകോട്ട് പോയ ശിവൻ പത്രൂസിനെ തേടിയാണ് ലൂക്കോസ് അഞ്ചിൽ കർത്താവ് രണ്ടാമത് വരുന്ന ഒരു അനുഭവമാണിതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഷിമോൻ പത്രോസിൻ്റെ പടകിലേശു കയറി എന്നിട്ട് പറയുന്നു ഓ നിനക്ക് നീയെ ഷിമോനെ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കാന്ന് പറയുന്നു കടലിനെക്കുറിച്ച് നല്ല പരിചയമുണ്ടായിരുന്ന ഷിമോൻ പറഞ്ഞു നാഥ ഞങ്ങൾ നോക്കി പക്ഷേ മീനൊന്നു കിട്ടുന്ന ഒരു സീസണല്ലിത് അല്ലെങ്കിൽ ഈ മീനിൻ്റെ കിട്ടുന്ന ഒരു ഇടമല്ലിത് പക്ഷേ എന്നാലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് അവൻ വലയിറക്കി വലയിറക്കിയപ്പം പടകു രണ്ടും മുങ്ങും ആറ് അവന് മീൻ കിട്ടി ആ മീൻ കിട്ടിക്കഴിഞ്ഞപ്പം അവൻ പറയുന്നു കർത്താവേ ഞാന് പാവിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എട്ടാമത്തെ വാക്യം ലൂക്കോസ് അഞ്ചിൻ്റെ എട്ട് അവിടെ രണ്ട് ഏറ്റുപറച്ചിലും പത്രോസിനുണ്ട് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് നീ വേണ്ട വിധത്തിലായിട്ടില്ല ഞാൻ ഒരിക്കൽ നിൻ്റെ അടുത്ത് വന്നതാണ് നീ എന്നെ വിളിച്ചതാണ് നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ട് നിനക്ക് തന്നിട്ടില്ല ഞാൻ പിന്നെയും എൻ്റെ ഈ വള്ളവും വലയുമായിട്ട് ഞാൻ പിന്നെയും പോയി നീ എൻ്റെ ജീവിതത്തിൽ കർത്താവായിട്ടില്ല അതുകൊണ്ടിവിടെ പറയുന്നു കർത്താവ് വീണ്ടും ലോഡ് എന്നേറ്റ് പറയുന്നു രണ്ടാമത്തെ കാര്യമെന്താ ഞാൻ പാവിയായ മനുഷ്യനാണേ അവനവൻ്റെ പാപാവസ്ഥ തിരിച്ചറിയുക കർത്താവിൻ്റെ വെളിച്ചത്തിന് മുമ്പാകെ അവനവൻ്റെ പാപാവസ്ഥ തിരിച്ചറിയുക അത് കണ്ടിട്ടവൻ പറയുന്നു കർത്താവെ എന്നെ വിട്ടുപോകണമേ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തുടരുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ കോൺഫിഡൻസിനെ ഒത്തിരി തകർത്ത് കളയും ഓ നമ്മൾ വേണ്ട വിധത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല വേണ്ട കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ വാക്കിൽ പ്രവർത്തിയിൽ മനോഭാവത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വിശുദ്ധനായി തീർന്നിട്ടില്ല ഒരു വിശുദ്ധമതിയായി തീർന്നിട്ടില്ല ഇത് കാണുമ്പം കർത്താവിനെ രക്ഷകനായിട്ട് എനിക്ക് കൂടുതൽ വേണം എന്നാ ഇവനിവിടെ സത്യസന്ധതയോടെ പറയുന്നു ഞാൻ കർത്താവ് നീ എനിക്ക് കർത്താവായിട്ടില്ല ഞാൻ ഇപ്പോഴും ഭാവിയാണ് ഈ രണ്ട് കാര്യം അവൻ സമ്മതിച്ചുകൊണ്ട് അവൻ പറയുന്നത് എന്താ എന്നെ വിട്ടുപോകണേ എന്നെ കളഞ്ഞേ എന്നെ ഉപേക്ഷിച്ചേര് ഞാൻ നന്നാകുകയില്ല ഞാൻ നന്നാകുകയില്ല എന്നെ ഉപേക്ഷിച്ചേര് എന്നെ വിട്ടുപോകും എന്നാ പറയുന്നു ഉടനെ കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് അവനെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവർ ഈ ഒരു കാര്യം നമ്മൾ കർത്താവിനെ കണ്ട് നമ്മുടെ പാവസ്ഥയെക്കുറിച്ചും ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ലെന്നുള്ളതും കണ്ട് അനുദപിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ നീ എത്രയോ നാളായിട്ട് എന്നോട് ഇടപെടുന്നു ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഈ പത്രോസിനെപ്പോലെ പറയും നീ എന്നെ വിട്ടു പൊക്കോ ഞാനിതിനൊന്നും അർഹനല്ല ഞാനിതിന് യോഗ്യനല്ല യോഗ്യല്ല എന്ന് പറയും അന്നേരം കർത്താവ് എന്തു ചെയ്യും കർത്താവ് പത്രോസിനോട് പറഞ്ഞ പോലെ നീ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ശിഷ്യനായിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കത്തക്കവണ്ണം ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു എന്നാണ് അതിൻ്റെ ലൂക്കോസ് അഞ്ചിൻ്റെ പത്തിലെ കർത്താവ് പറയുന്നത് ഇതേ കാര്യം നമ്മളെ ഉത്തമഗീതത്തിൽ കാണുന്നുണ്ട് ഉത്തമഗീതത്തിൽ ഇവളിതാ ഞാൻ കറുത്തവളാണ് കറുത്തവളാണ് എന്ന് അവൾ പറയുമ്പോൾ എന്താ അതിനെ തുടർന്ന് കാണുന്നത് എന്താ നാലാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യം നോക്കുക എൻ്റെ പ്രിയ നീ സുന്ദരി സുന്ദരി തന്നെ എന്നവിടെ പറയുന്നു ഏഴാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രിയ നീ സർവാങ്കസുന്ദരി കാന്തൻ പറയുക സർവാങ്കസുന്ദരി എന്ന് പറയുന്നു ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവർ ഉള്ളവളെ ആരെയടായി ആരെയായി വിളിക്കുന്നത് നേരത്തെ ഞാൻ കറുത്തവളാണ് എന്ന് സമ്മതിച്ച ആളിനെ ദൈവം എന്തോ ചെയ്യുന്നു ദൈവം പറയുന്നു അല്ല അല്ല അല്ല നീയെപ്പം നിന്നെക്കുറിച്ച് തന്നെ കറുത്തവളാണെന്നും കൊള്ളുകയെന്നും പറയുന്നോ അന്നേരമാണ് ഞാൻ പറയുന്നത് എന്താ നീയാണ് കൂടുതൽ സുന്ദരി നിനക്ക് ഒരു ഊരവുമില്ല നമ്മളാ ഉത്തമഗീതം വായിക്കുമ്പോൾ ആ കാന്തനെത്ര ധൈര്യത്തോടാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോഴും വാസ്തവം എന്താ വാസ്തവം ഈ ലോകത്തിൻ്റെ ഇരുൾ നിറം പറ്റിയവളാണവൾ അവൾ പുറത്ത് ആടിനെ മേയിച്ച് ആ നിലയിൽ വെയിൽ കൊണ്ട് കറുത്തവളാണവൾ ഈ ലോകത്തിൻ്റെ വെയില് കൊണ്ട് കറുത്തു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യത്തെ അവൾ അംഗീകരിച്ച് അനുതാപത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പം ദൈവം പറയുന്നു കാന്തൻ പറയുന്നു നീയാണ് സുന്ദരി ഇങ്ങനെ ഒരാളെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നിന്ന് നീ സർവാംഗസുന്ദരി തന്നെ സൂപ്പർലൈറ്റീവ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് നീ സർവാംഗ സുന്ദരി സ്ത്രീകളിൽ അതിസുന്ദരി ബെസ്റ്റ് ഈ ബെസ്റ്റായ ആളിനെ കാണാൻ നമ്മളിത് ചെല്ലുമ്പോഴോ പ്രിയപ്പെട്ടവരെ ഇത് മറ്റൊരാളുടെ കാര്യമല്ല നമ്മുടെ കാര്യമാണ് നമ്മുടെ കാര്യം നമ്മൾ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല ഭൗതിക വിഷയങ്ങളോട് ചേർത്താൽ പലരും പറയുന്നത് കർത്താവില്ലാതെ ഒക്കെയല്ല ദൈവം ഇല്ലാതെ ഒക്കുകയില്ല എൻ്റെ കാര്യം എൻ്റെ ജോലി കാര്യം നമ്മളെ സംബന്ധിച്ചോ നമ്മൾ ഭൗതിക വിഷയങ്ങളേക്കാളും നമുക്ക് പ്രശ്നം ആത്മീയമായ നമ്മുടെ മുന്നോട്ട് പോക്കാണ് ആ ആത്മീയമായ മുന്നോട്ടുപോക്കിൽ രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ദൈവത്തിന് നമ്മുടെ കർത്തൃത്വം അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കണ്ടെത്തി ഓ പിന്നെയും ആഴക്കുഴിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് ദൈവമേ നീ സഹായിച്ചാലേ ഒക്കെയുള്ളൂ എന്ന് പറഞ്ഞ് അവനിൽ ആശ്രയിക്കും രണ്ടാമത്തേത് പാപ സംബന്ധിച്ചുള്ളതാണ് പാപത്തിൻ്റെ മേലുള്ള ജയം സംബന്ധിച്ചും നമ്മളൊക്കെ പാപത്തിൻ്റെ മേൽ പല നിലകളിൽ ജയം നേടിയിട്ടുണ്ട് കോപത്തിൻ്റെ മേൽ ഓ ദുർമോഹങ്ങളുടെ മേൽ ഒക്കെ ജയം നേടിയിട്ടുണ്ട് എങ്കിലും നമ്മൾ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിന് മുമ്പാകെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തും അത് ആഴത്തിലെന്ത് ഈ കിടപ്പുണ്ട് അവിടെ ഒരു പാപത്തിൻ്റെ ഒരു ലാഞ്ചന കിടപ്പുണ്ട് അന്നേരം നമ്മൾ പൗലോസിനെ പോലെ പറയും ഞാൻ ജഡമയനാണ് എന്നെ ഈ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് കണ്ടെത്തുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ കർത്താവ് ഞാൻ ആ പാവിയിലൊന്നാമൻ ഞാൻ കർത്തവളാണ് എന്നെ വിട്ട് പോണേ എന്നാണ് നമ്മൾ പറയുന്നത് പോണേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും നമ്മുടെ കൂടെയിരിക്കും ബൈബിളിലെ ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം മത്തായി എഴുതിയ സുശേഷം ഒന്നാമധ്യായത്തിൽ കർത്താവിനെ കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നിടത്ത് ഈ രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മത്തായി എഴുതിയ ഒന്നാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യവും ഇരുപത്തി വാക്യവും അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പേറിടണം യേശു രക്ഷകൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ അടുത്തതോ ഇരുപത്തിരണ്ടാമത്തെ വാക്യമോ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും യേശ അവ ഏഴിൻ്റെ പതിനാലിൽ നിന്നുള്ള ഒരു ധരണിയാണ് ഇവിടെ യേശുവിനെ രണ്ട് പേരാണ് പറഞ്ഞേക്കുന്നത് ഒരു പേരെന്താ ഒരു പേര് രക്ഷകൻ എന്ന പേര് യേശുവിനെ നമുക്ക് രക്ഷകനായിട്ട് എപ്പോൾ ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ കുറവുകൾ കണ്ടെത്തുമ്പോഴെല്ലാം നമുക്ക് യേശുവിനെ രക്ഷകൻ ആയിട്ട് ആവശ്യമുണ്ട് യേശു രക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ അവനിൽ ആശ്രയിക്കും ആശ്രയിക്കുമ്പം അതിനോട് ചേർന്ന് യേശുവിൻ്റെ രണ്ടാമത്തെ പേര് നമുക്ക് പ്രസക്തമായി തീരും യേശുവിൻ്റെ രണ്ടാമത്തെ പേരെന്താ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ ദൈവം കുറച്ചുകൂടെ നമ്മളോട് അടുത്തു ദൈവം നീ എന്നെ വിട്ട് പോണേ എന്ന് പത്രോസ് പറയുന്നു ഉടനെ യേശു എന്താകുന്നു അവന് അവൻ ഇമ്മാനുവൽ ആകുന്നു നീ എന്നോട് കൂടെ എന്നോടുകൂടെ ഇരിക്കും എൻ്റെ ശിഷ്യനായിട്ട് പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് എന്നോട് അടുത്തിരിക്കൻ യേശുവിനെ രക്ഷകനെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്കാണ് യേശുവിനെ ഇമ്മാനുവലായിട്ട് അവന് ആ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ടൊക്കുന്നത് ഇതൊരു മാർഗമാണ് നിരന്തരമുള്ള ഒരു മാർഗം അതുകൊണ്ട് യേശുവിനെ രക്ഷകനായിട്ട് എനിക്ക് വേണമെന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് നിരാശപ്പെടല്ലേ അതിനോട് ചേർന്ന് എന്തുണ്ട് യേശു നമ്മളെ രക്ഷിക്കും നമുക്ക് കൂടുതൽ ഇമ്മാനുവലായിട്ട് നമ്മോട് കൂടെയിരിക്കും കൂടെയിരിക്കും ഇതൊരു കടങ്കഥ പോലെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഈ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും പലതും കടങ്കഥ ലോകത്തിന് മനസ്സിലാകുന്ന ഒരു യുക്തിയല്ലേ ഇതിനകത്തുള്ളത് വീഴ്ച സംഭവിച്ചാൽ അത് ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഓ രക്ഷിക്കും രക്ഷകനാണ് യേശു എന്നു പേരിടണം യേശുവായിട്ട് അവനെ കാണുന്നവർ ോടാവും പറയുന്നു നിങ്ങൾക്ക് ഞാൻ എന്തുകൂടായിത്തിരിക്കും രക്ഷകനായിരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇമ്മാനുവലും കൂടെ ആയിരിക്കും എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മളെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ഒരു സഹോരൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു പാപം വന്നു പാപം വന്നു പാപം വരുമ്പം അതിനെ ആ സഹോരൻ പറഞ്ഞത് നമ്മളും ദൈവവും തമ്മിൽ ഒരു നൂല് കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നിരിക്കട്ടെ ആ നൂല് നമ്മൾ പാപം ചെയ്തപ്പോൾ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി നമ്മൾ അനുതപിച്ചു അനുതപിച്ച് കർത്താവിനെ രക്ഷകനെന്നറിഞ്ഞു രക്ഷകനെന്നറിഞ്ഞപ്പോൾ കർത്താവ് തന്നെ ചെയ്തു ആ പൊട്ടിപ്പോയ നൂല് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി എന്നിട്ട് ആ സഹോരൻ ചോദിക്കുക ഈ നൂല് കൂട്ടിക്കെട്ടുന്നതിന് മുമ്പാണോ കൂട്ടി കെട്ടിക്കഴിഞ്ഞ അപ്പോഴാണോ നിങ്ങളും കർത്താവുമായിട്ട് കൂടുതൽ അടുത്തത് ചോദ്യം മനസ്സിലായോ കൂട്ടി കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി കുറച്ചുകൂടെ അടുത്തു ഭാര്യാഭർത്തരുടെ ജീവിതത്തെ നമുക്കിതറിയാം നമ്മൾ ചില കാര്യങ്ങളിൽ സൗകര്യോട് പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടേ അതെല്ലാം കഴിഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ ഏ ചായൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ പഴയതിനേക്കാൾ അടുപ്പം തോന്നുന്നുണ്ടോ പൊട്ടിപ്പോയി പക്ഷേ പൊട്ടിയത് കൂട്ടിക്കെട്ടുമ്പം കൂടുതലൊരടുപ്പമാണ് നമുക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം